രാധ രാധേ നീ ഞാൻ ഏൽപ്പിച്ച ജോലി ചെയ്തോ ഇല്ലമ്മ എനിക്ക് സമയം കിട്ടിയില്ല നീ പിന്നെ ഇതുവരെ എന്തു ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങളുടെ തയ്യൽ ടീച്ചർ പഠിപ്പിച്ചു തന്ന രീതിയിൽ ഞാൻ മുത്തും നൈലോൺ നൂലും കൊണ്ട് ഭംഗിയുള്ള ഒരു ആടുംപാവ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എവിടെ അത് നീ ഉണ്ടാക്കുന്ന പാവ ഞാനും ഒന്ന് കാണട്ടെ മുഴുവനും ആയിട്ടില്ല പുരികവും ചുണ്ടും ഒക്കെ ശരിപ്പെടുത്താനുണ്ട് ഇതിന്റെ കാലും കഴുത്തും എന്താ മോളെ ഇങ്ങനെ അതൊക്കെ വല്ലാതെ ഇളകിക്കൊണ്ടിരിക്കുന്നല്ലോ അത് ആടുന്ന പാവയല്ലേ അമ്മ അതിനു വേണ്ട കാലുകൾ അങ്ങനത്തേതല്ലേ അതു ശരി മോളെ വന്ന മനോരമ വിശേഷ ഇതിനെ പറ്റിയൊക്കെ വലിയ ഒരു കുറിപ്പുണ്ടായിരുന്നു നീ അത് കണ്ടില്ലേ കണ്ടു പക്ഷേ ഞാൻ വായിച്ചില്ല പുസ്തകത്തിൽ കാണുന്ന രീതിയിൽ ഉണ്ടാക്കി എനിക്ക് പറ്റില്ല ഞങ്ങളുടെ തയ്യൽ ടീച്ചർ പഠിപ്പിച്ചു തരുന്ന രീതിയെ എനിക്ക് മനസ്സിലാവൂ അമ്മ ഈ വരുന്ന മാസം മുതൽ ടീച്ചർ സ്കൂൾ സമയം കഴിഞ്ഞ് ഒരു തയ്യൽ ക്ലാസ് തുടങ്ങാൻ പോകുന്നു ഞാനും അതിൽ ഒരു മാസത്തേക്ക് വെറും പത്ത് രൂപയേ ഉള്ളൂ ഫീസിന്റെ കാര്യം ഒരു പ്രശ്നമല്ല പക്ഷേ നിന്റെ ആണ്ടു പരീക്ഷയ്ക്ക് ഇനി മാസം കൂടിയല്ലേ ഉള്ളൂ പാട്ടു ക്ലാസും തയ്യർ ക്ലാസും ഒക്കെ കൂടിയായാൽ പിന്നെ മടിച്ചയായ നിന്റെ പഠിത്തക്കാര്യം വെള്ളത്തിലാവില്ലേ നിന്റെ അച്ഛൻ അയക്കുന്ന ഓരോ എഴുത്തിലും നിന്റെ പഠിത്തത്തിന്റെ കാര്യമേ കൂടുതലായി അന്വേഷിക്കൂ നീ എല്ലാ വിഷയത്തിനും ഫസ്റ്റ് ക്ലാസ്സിന് വേണ്ട മാർക്കിൽ കൂടുതൽ വാങ്ങണം അതിനെപ്പറ്റി അമ്മ ഒട്ടും വിഷമിക്കേണ്ട കഴിഞ്ഞ പരീക്ഷയിൽ എനിക്കായിരുന്നില്ലേ എല്ലാത്തിനും ഒന്നാം സ്ഥാനം വരുന്ന പരീക്ഷയിലും ഞാൻ അതാർക്കും വിട്ടുകൊടുക്കില്ല അമ്മയും അച്ഛനെയും ഞാൻ ഒട്ടും നിരാശപ്പെടുത്തില്ല അച്ഛന് എന്നിലുള്ള വിശ്വാസം ഞാൻ കളയുകയേയില്ല ശരി ശരി വരും പറ്റി ദൈവത്തിനല്ലേ അറിയാവൂ എണീക്ക് നാമം ജപിക്കാൻ സമയമായി നമുക്ക് നിലവിളക്ക് കത്തിക്കണ്ടേ ലിസൺ രാധേ നീ ഞാൻ ഏൽപ്പിച്ച ജോലി ചെയ്തോ രാധെ നീ ഞാൻ ഏൽപ്പിച്ച ജോലി ഇല്ല ഇല്ലമ്മ എനിക്ക് സമയം കിട്ടിയില്ല ഇല്ലമ്മ എനിക്ക് സമയം കിട്ടിയില്ല നീ പിന്നെ ഇതുവരെ എന്തു ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഇതുവരെ എന്തു ചെയ്തുകൊണ്ടിരുന്നോ ഞങ്ങളുടെ തയ്യൽ ടീച്ചർ പഠിപ്പിച്ചതെന്ന രീതിയിൽ ഞങ്ങളുടെ തയ്യൽ ടീച്ചർ പഠിപ്പിച്ചു തന്ന രീതിയിൽ ഞാൻ മുത്തും നൈലോൺ നൂലും കൊണ്ട് ഭംഗിയുള്ള ഞാൻ മുത്തും നൈലോൺ നൂലും കൊണ്ട് ഭംഗിയുള്ള ഒരു ആടും പാവ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു ആടും പാവ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എവിടെ എവിടെ അത് നീ ഉണ്ടാക്കുന്ന പാവ ഞാനും ഒന്ന് കാണട്ടെ നീ ഉണ്ടാക്കുന്ന പാവ ഞാനും ഒന്ന് കാണട്ടെ മുഴുവനും ആയിട്ടില്ല മുഴുവനും ആയിട്ടില്ല പുരികവും ചുണ്ടും ഒക്കെ ഉണ്ട് പുരികവും ചുണ്ടും ഒക്കെ ശരിപ്പെടുത്താനുണ്ട് ഇതിന്റെ കാലും കഴുത്തും എന്താ മോളെ ഇങ്ങനെ ഇതിന്റെ കാലും കഴുത്തും എന്താ മോളെ ഇങ്ങനെ അതൊക്കെ വല്ലാതെ ഇളകിക്കൊണ്ടിരിക്കുന്നല്ലോ അതൊക്കെ വല്ലാതെ ഇളകിക്കൊണ്ടിരിക്കുന്നല്ലോ അത് ആടുന്ന പാവയല്ലേ അമ്മ അത് ആടുന്ന പാവയല്ലേ അമ്മ അതിനു വേണ്ട കാലുകൾ അങ്ങനത്തേതല്ലേ അതിനു വേണ്ട കാലുകൾ അങ്ങനത്തേതല്ലേ അത് ശരി മോളെ അത് മോളെ വിനിഞ്ഞാന്ന് വന്ന മനോരമ വിശേഷാൽ പ്രതിയിൽ വിനിഞ്ഞാന്ന് വന്ന മനോരമ വിശേഷാൽ പ്രതിയിൽ ഇതിനെ പറ്റിയൊക്കെ വലിയ ഒരു കുറിപ്പുണ്ടായിരുന്നു ഇതിനെ പറ്റിയൊക്കെ വലിയ ഒരു കുറിപ്പുണ്ടായിരുന്നു നീ അത് കണ്ടില്ലേ നീ അത് കണ്ടില്ലേ കണ്ടു പക്ഷെ ഞാൻ വായിച്ചില്ല കണ്ടു പക്ഷെ ഞാൻ വായിച്ചില്ല പുസ്തകത്തിൽ കാണുന്ന രീതിയിൽ ഉണ്ടാക്കി നോക്കിയാലൊന്നും എനിക്ക് പറ്റില്ല പുസ്തകത്തിൽ കാണുന്ന രീതിയിൽ ഉണ്ടാക്കി നോക്കിയാലൊന്നും എനിക്ക് പറ്റില്ല ഞങ്ങളുടെ തയ്യൽ ടീച്ചർ പഠിപ്പിച്ചു തരുന്ന രീതിയെ ഞങ്ങളുടെ തയ്യൽ ടീച്ചർ പഠിപ്പിച്ചു തരുന്ന രീതിയെ എനിക്ക് മനസ്സിലാവൂ എനിക്ക് മനസ്സിലാവൂ അമ്മ ഈ വരുന്ന മാസം മുതൽ ടീച്ചർ സ്കൂൾ സമയം കഴിഞ്ഞ് അമ്മ ഈ വരുന്ന മാസം മുതൽ സ്കൂൾ സമയം കഴിഞ്ഞ് ഒരു തയ്യൽ ക്ലാസ് തുടങ്ങാൻ പോകുന്നു ഒരു തയ്യൽ ക്ലാസ് തുടങ്ങാൻ പോകുന്നു ഞാനും അതിൽ ചേരട്ടോ ഞാനും അതിൽ ചേരട്ടോ ഫീസ് ഒരു മാസത്തേക്ക് വെറും പത്ത് രൂപയേ ഉള്ളൂ ഫീസ് ഒരു മാസത്തേക്ക് വെറും പത്ത് രൂപയേ ഉള്ളൂ ഫീസിന്റെ കാര്യം ഒരു പ്രശ്നമല്ല ഫീസിന്റെ കാര്യം ഒരു പ്രശ്നമല്ല പക്ഷേ നിന്റെ ആണ്ട് പരീക്ഷയ്ക്ക് ഇനി രണ്ടു മാസം കൂടിയല്ലേ ഉള്ളൂ പക്ഷേ നിന്റെ ആണ്ടു പരീക്ഷയ്ക്ക് ഇനി രണ്ടു മാസം കൂടിയല്ലേ ഉള്ളൂ പാട്ടു ക്ലാസും തയ്യേഡ് ക്ലാസും ഒക്കെ കൂടിയായാൽ പാട്ടു ക്ലാസും തയ്യാർ ക്ലാസും ഒക്കെ കൂടിയായാൽ പിന്നെ മടിച്ചായി നിന്റെ പഠിത്ത കാര്യം വെള്ളത്തിലാവില്ലേ പിന്നെ മടിച്ചിയായി നിന്റെ പഠിത്ത കാര്യം വെള്ളത്തിലാവില്ലേ നിന്റെ അച്ഛൻ അയക്കുന്ന ഓരോ എഴുത്തിലും നിന്റെ അച്ഛൻ അയക്കുന്ന ഓരോ എഴുത്തിലും നിന്റെ പഠിത്തത്തിന്റെ കാര്യമേ കൂടുതലായി അന്വേഷിക്കൂ നിന്റെ പഠിത്തത്തിന്റെ കാര്യമേ കൂടുതലായി അന്വേഷിക്കൂ നീ എല്ലാ വിഷയത്തിനും നീ എല്ലാ വിഷയത്തിനും ഫസ്റ്റ് ക്ലാസ്സിന് വേണ്ട മാർക്കിൽ കൂടുതൽ വാങ്ങണം ഫസ്റ്റ് ക്ലാസിന് മാർക്കിൽ കൂടുതൽ വാങ്ങണം അതിനെപ്പറ്റി അമ്മ ഒട്ടും വിഷമിക്കേണ്ട അതിനെപ്പറ്റി അമ്മ ഒട്ടും വിഷമിക്കേണ്ട കഴിഞ്ഞ പരീക്ഷയിൽ എനിക്കായിരുന്നില്ലേ എല്ലാത്തിനും ഒന്നാം സ്ഥാനം കഴിഞ്ഞ പരീക്ഷയിൽ എനിക്കായിരുന്നില്ലേ എല്ലാത്തിനും ഒന്നാം സ്ഥാനം വരുന്ന പരീക്ഷയിലും ഞാൻ അതാർക്കും വിട്ടുകൊടുക്കില്ല വരുന്ന പരീക്ഷയിലും ഞാൻ അതാർക്കും വിട്ടുകൊടുക്കില്ല അമ്മയും അച്ഛനേയും ഞാൻ ഒട്ടും നിരാശപ്പെടുത്തില്ല അമ്മയും അച്ഛനെയും ഞാൻ ഒട്ടും നിരാശപ്പെടുത്തില്ല അച്ഛന് എന്നിലുള്ള വിശ്വാസം ഞാൻ കളയുകയേയില്ല അച്ഛന് എന്നിലുള്ള വിശ്വാസം ഞാൻ കളയുകയേയില്ല ശരി ശരി വരും കാര്യത്തെപ്പറ്റി ദൈവത്തിനല്ലേ അറിയാവൂ ശരി ശരി വരും കാര്യത്തെപ്പറ്റി ദൈവത്തിനല്ലേ അറിയാവൂ എണീക്ക് നാമം ജപിക്കാൻ സമയമായി എണീക്ക് നാമം ജപിക്കാൻ സമയമായി നമുക്ക് നിലവിളക്ക് കത്തിക്കണ്ടേ നമുക്ക് നിലവിളക്ക് കത്തിക്കണ്ടേ ിൽ രാ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് രാധ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് അത് അവൾ ഉണ്ടാക്കുന്ന ആടുംപാവയാണ് അത് അവൾ ഉണ്ടാക്കുന്ന ആടും പാവയാണ് എല്ലാ ജോലിയും ചെയ്യുന്ന അവളെ ആർക്കിഷ്ടമല്ല എല്ലാ ജോലിയും ചെയ്യുന്ന അവളെ ആർക്കിഷ്ടമല്ല കഴിഞ്ഞ മാസം നടന്ന ആ കല്യാണത്തിന് നിങ്ങളും പോയോ കഴിഞ്ഞ മാസം നടന്ന ആ കല്യാണത്തിന് നിങ്ങളും പോയോ നന്നായി പഠിച്ച കുട്ടികളെല്ലാം പരീക്ഷയിൽ ജയിച്ചു നന്നായി പഠിച്ച കുട്ടികളെല്ലാം പരീക്ഷയിൽ ജയിച്ചു മഴക്കാലത്ത് നട്ട തൈകൾ വളരാതിരിക്കില്ല മഴക്കാലത്ത് നട്ട തൈകൾ വളരാതിരിക്കില്ല വരും കാര്യത്തെ പറ്റി ഓർത്ത് തല വരും കാര്യത്തെപ്പറ്റി ഓർത്ത് തല പുണ്ണാക്കരുത് നിനക്കറിയാമോ ആടും പാവം ഉണ്ടാക്കാൻ നിനക്കറിയാമോ പണമുള്ള ആളുകൾക്ക് എല്ലാ കാര്യവും എളുപ്പമാണ് പണമുള്ള ആളുകൾക്ക് എല്ലാ കാര്യവും എളുപ്പമാണ് മടിച്ചിയായ രാധയെ ആർക്കറിഞ്ഞുകൂടാ മടിച്ചിയായ രാധയെ ആർക്കറിഞ്ഞുകൂടാ അവർക്ക് വേണ്ട പുസ്തകം ഈ ലൈബ്രറിയിൽ ഇല്ല അവർക്കു വേണ്ട പുസ്തകം ഈ ലൈബ്രറിയിലില്ല ബിൽഡപ്പ് ഡ്രിൽ മോഡൽ അറിയാം സരളയേ സരളയെ എല്ലാവർക്കും അറിയാം സരളയെ എല്ലാവർക്കും അറിയാം പാട്ട് പാടിയ സരളയെ എല്ലാവർക്കും അറിയാം സ്കൂൾ മീറ്റിംഗിൽ സ്കൂൾ മീറ്റിംഗിൽ പാട്ടുപാടിയ സരളയെ എല്ലാവർക്കും അറിയാം നൗ ഫോളോ ദോഡൽ മരിച്ചുപോയി ഇന്നലെ മരിച്ചുപോയി രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ നേതാവ് പോയി ആ രാഷ്ട്രീയ നേതാവ് ഇന്നലെ മരിച്ചുപോയി ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ രാഷ്ട്രീയ നേതാവ് പോയി ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ രാഷ്ട്രീയ നേതാവ് ഇന്നലെ മരിച്ചുപോയി എപ്പോഴും എപ്പോഴും ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ രാഷ്ട്രീയ നേതാവ് മരിച്ചുപോയി ആളുകളെ ആളുകളെ എപ്പോഴും ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ രാഷ്ട്രീയ നേതാവ് ഇന്നലെ മരിച്ചുപോയി ജോലിയിലിരിക്കുന്ന ജോലിയിലിരിക്കുന്ന ആളുകളെ എപ്പോഴും ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ രാഷ്ട്രീയ നേതാവ് ഇന്നലെ മരിച്ചുപോയി വലിയ ജോലിയിൽ ഇരിക്കുന്ന ആളുകളെ എപ്പോഴും ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ രാഷ്ട്രീയ നേതാവ് ഇന്നലെ മരിച്ചുപോയി വിശ്വസിക്കരുത് ആളുകളെ ആളുകളെ വിശ്വസിക്കരുത് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ വിശ്വസിക്കരുത് സത്യത്തെ സത്യത്തെപ്പറ്റി പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ വിശ്വസിക്കരുത് എപ്പോഴും എപ്പോഴും സത്യത്തെപ്പറ്റി പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ വിശ്വസിക്കരുത് 1 മോഡൽ വൺ സീത പാട്ടുപാടുന്നു പാട്ടുപാടുന്ന സീത സീത പാടുന്ന പാട്ട് നൗ ഫോളോ ദ മോഡൽ ഗോപാലൻ വലിയ വീട് വയ്ക്കുന്നു വലിയ വീട് വെക്കുന്ന ഗോപാലൻ ഗോപാലൻ വയ്ക്കുന്ന വലിയ വീട് രാധ സമ്മാനം വാങ്ങിച്ചു സമ്മാനം വാങ്ങിച്ച രാധ രാധ വാങ്ങിച്ച സമ്മാനം സ്വപ്നം കാണുന്ന രമണി രമണി കാണുന്ന സ്വപ്നം ടീച്ചർ പാഠം പഠിപ്പിച്ചു പാഠം പഠിപ്പിച്ച ടീച്ചർ ടീച്ചർ പഠിപ്പിച്ച പാഠം രാജു കവിത എഴുതി കവിത എഴുതിയ രാജു രാജു എഴുതിയ കവിത മേലധികാരി കാറിൽ വരുന്നു കാറിൽ വരുന്ന മേലധികാരി മേലധികാരി വരുന്ന കാറ് ഞങ്ങൾ ഗ്രാമത്തിൽ താമസിക്കുന്നു ഗ്രാമത്തിൽ താമസിക്കുന്ന ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന ഗ്രാമം രാഘവൻ അമേരിക്ക കണ്ടു അമേരിക്ക കണ്ട രാഘവൻ രാഘവൻ കണ്ട അമേരിക്ക എന്റെ അച്ഛൻ പണം സമ്പാദിച്ചു പണം സമ്പാദിച്ച എന്റെ അച്ഛൻ എന്റെ അച്ഛൻ സമ്പാദിച്ച പണം അമ്മൂമ്മ കഥ പറഞ്ഞു കഥ പറഞ്ഞ അമ്മൂമ്മ അമ്മൂമ്മ പറഞ്ഞ കഥ രാജകുമാരി സുന്ദരിയാണ് സുന്ദരിയായ രാജകുമാരി നൗ ഫ മോഡൽ കച്ചവടക്കാർ പണക്കാറാണ് പണക്കാരായ കച്ചവടക്കാർ അയാൾ പിശുക്കനാണ് അയാൾ ആണ് നല്ലവരായ കൂട്ടുകാർ കുസ മടിച്ചിയാണ് മടിച്ചിയായ ദുഷ്ടനാണ് ദുഷ്ടനായ വീട്ടുടമസ്ഥൻ മോഡൽ ത്രീ രാധയ്ക്ക് സൗന്ദര്യമുണ്ട് സൗന്ദര്യമുള്ള രാധ രാധയ്ക്കുള്ള സൗന്ദര്യം നൗ ഫോളോ ദ മോഡൽ ആ വീട്ടുകാർക്ക് പണമുണ്ട് പണമുള്ള ആ വീട്ടുകാർ ആ വീട്ടുകാർക്കുള്ള പണം എനിക്ക് വീടും പുരയിടവുമുണ്ട് വീടും പുരയിടവും ഉള്ള ഞാൻ എനിക്കുള്ള വീടും പുരയിടവും അദ്ദേഹത്തിന് നല്ല സ്വഭാവമുണ്ട് നല്ല സ്വഭാവമുള്ള അദ്ദേഹം അദ്ദേഹത്തിനുള്ള നല്ല സ്വഭാവം പുസ്തകത്തിൽ പടമുണ്ട് പടമുള്ള പുസ്തകം പുസ്തകത്തിലുള്ള പടം എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് നിന്നോട് സ്നേഹമുള്ള ഞാൻ എനിക്ക് നിന്നോടുള്ള സ്നേഹം മോഡൽ ഫോർ കുട്ടികൾക്ക് പലഹാരം വേണം പലഹാരം വേണ്ട കുട്ടികൾ കുട്ടികൾക്ക് വേണ്ട പലഹാരം നോ ഫോളു ദ മോഡൽ രാജുവിന് പുസ്തകം വേണം പുസ്തകം വേണ്ട രാജു രാജുവിന് വേണ്ട പുസ്തകം എനിക്ക് പണം വേണം പണം വേണ്ട ഞാൻ എനിക്ക് വേണ്ട പണം അച്ഛന് ചൂടുവെള്ളം വേണം ചൂടുവെള്ളം വേണ്ട അച്ഛൻ അച്ഛനു വേണ്ട ചൂടുവെള്ളം തോമസിന് വാടക വീട് വേണം വാടക വീട് വേണ്ട തോമസ് തോമസിനു വേണ്ട വാടക വീട് കമലത്തിന് ജോലിക്കാരിയെ വേണം ജോലിക്കാരിയെ വേണ്ട കമലം കമലത്തിനു വേണ്ട ജോലിക്കാരി മോഡൽ ഫൈവ് രാമുവിന് ശമ്പളം വാങ്ങണം ശമ്പളം വാങ്ങേണ്ട രാമു രാമു വാങ്ങേണ്ട ശമ്പളം നൗ ഫോളോ ദ മോഡൽ എനിക്ക് വീട് വയ്ക്കണം വീട് വയ്ക്കേണ്ട ഞാൻ എനിക്ക് വയ്ക്കേണ്ട വീട് കുട്ടികൾക്ക് സിനിമ കാണണം ണേണ്ട കുട്ടികൾ കുട്ടികൾ കാണേണ്ട സിനിമ പ്രസാദിന് സിഗരറ്റ് വലിക്കണം സിഗരറ്റ് വലിക്കേണ്ട പ്രസാദ് പ്രസാദ് വലിക്കേണ്ട സിഗരറ്റ് രാധയ്ക്ക് പാഠം എഴുതണം എഴുതേണ്ട രാധ രാധ എഴുതേണ്ട പാഠം ഉദ്യോഗസ്ഥന്മാർക്ക് സൗകര്യങ്ങൾ വേണം സൗകര്യങ്ങൾ വേണ്ട ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾ രാവിലെ എണീറ്റ് കുളിച്ച അയാൾ നൗ ഫോളോ ദോഡൽ കുട്ടി നന്നായി പഠിച്ചു പരീക്ഷയിൽ ജയിച്ചു നന്നായി പഠിച്ച് പരീക്ഷയിൽ ജയിച്ച കുട്ടി രാമൻ ഹോട്ടലിൽ പോയി പലഹാരം കഴിച്ചു ഹോട്ടലിൽ പോയി പലഹാരം കഴിച്ച രാമൻ സീത പാട്ടുപാടി തളർന്ന് തറയിലിരുന്നു പോയി പാട്ടുപാടി തളർന്ന് തറയിലിരുന്നു പോയ സീത കുഴി വെട്ടിവെട്ടി നിന്ന് പൈലി താമസിച്ചുപോയി കുഴി വെട്ടിവെട്ടി നിന്ന് താമസിച്ചു പോയ പൈലി കുഞ്ഞ് കരഞ്ഞു കരഞ്ഞ് ഉറങ്ങിപ്പോയി കരഞ്ഞുകരഞ്ഞ് ഉറങ്ങിപ്പോയ കുഞ്ഞ് സ്പ്ലിറ്റപ് ഡ്രിൽ മോഡൽ വൺ ചോറുണ്ണുന്ന കുഞ്ഞിനെ അമ്മ സ്നേഹത്തോടെ നോക്കുന്നു കുഞ്ഞ് ചോറുണ്ണുന്നു അമ്മ കുഞ്ഞിനെ സ്നേഹത്തോടെ നോക്കുന്നു നൗ ഫോള മോഡൽ സരളയെ സ്നേഹിക്കുന്ന കുമാർ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു കുമാർ സരളയെ സ്നേഹിക്കുന്നു കുമാർ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ജോലി ചെയ്യുന്ന രാമനെ മേലധികാരി വിളിക്കുന്നു രാമൻ ജോലി ചെയ്യുന്നു മേലധികാരി രാമനെ വിളിക്കുന്നു കരയുന്ന കുട്ടിയെ അമ്മ എടുക്കുന്നു കുട്ടി കരയുന്നു അമ്മ കുട്ടിയെ എടുക്കുന്നു കൊഞ്ചി നടക്കുന്ന സരളയ്ക്ക് വേണുവിൽ നിന്ന് വഴക്ക് കിട്ടുന്നു സരള കൊഞ്ചി നടക്കുന്നു സരളയ്ക്ക് വേണുവിൽ നിന്ന് വഴക്ക് കിട്ടുന്നു മോഡൽ ടു പശു ധാരാളം പാൽ നൽകി പശുവിന് നല്ല ആഹാരം കിട്ടി പശു ധാരാളം പാൽ നൽകി നൗ ഫോളോ ഓടിപ്പോയ കള്ളനെ പോലീസുകാർ പിടിച്ചു കള്ളൻ ഓടിപ്പോയി പോലീസുകാർ കള്ളനെ പിടിച്ചു സത്യത്തെപ്പറ്റി പ്രസംഗിച്ചുകൊണ്ട് നടന്ന നേതാവ് കള്ളക്കടത്തുകാരുടെ സംഘത്തിൽ ചേർന്നു നേതാവ് സത്യത്തെപ്പറ്റി പ്രസംഗിച്ചുകൊണ്ടു നടന്നു നേതാവ് കള്ളക്കടത്തുകാരുടെ സംഘത്തിൽ ചേർന്നു ഉടുപ്പുതച്ച രാധ അത് അമ്മയെ കാണിച്ചു രാധ ഉടുപ്പുതച്ചു രാധ അത് അമ്മയെ കാണിച്ചു ഓടിപ്പോയ വേണുവിന് ബസ് കിട്ടി വേണു ഓടിപ്പോയി വേണുവിന് ബസ് കിട്ടി താക്കോലെടുത്ത അഹമ്മദ് പൂട്ടും തുറന്നു അഹമ്മദ് താക്കോലെടുത്തു അഹമ്മദ് പൂട്ടും തുറന്നു മോഡൽ ത്രീ പണമുള്ള ആളുകൾ ആരെയും സഹായിക്കുന്നില്ല ആളുകൾക്ക് പണമുണ്ട് ആളുകൾ ആരെയും സഹായിക്കുന്നില്ല നൗ ഫോളോ ദ മോഡൽ സ്വന്തം കാറുള്ള ആ മനുഷ്യൻ ആരെയും കയറ്റുന്നില്ല മനുഷ്യന് സ്വന്തം കാറുണ്ട് ആ മനുഷ്യൻ ആരെയും കയറ്റുന്നില്ല എട്ടു കുട്ടികളുള്ള അയാൾ വളരെ കഷ്ടപ്പെടുന്നു അയാൾക്ക് എട്ടു കുട്ടികളുണ്ട് അയാൾ വളരെ കഷ്ടപ്പെടുന്നു ഒരു മുറിയുള്ള ഈ വീട്ടിനും വാടക നൂറ് രൂപയാണ് ഈ വീടിന് ഒരു മുറിയുണ്ട് ഈ വീടിന് വാടക നൂറ് രൂപയാണ് ധാരാളം തെങ്ങുകളുള്ള കേരളത്തിലും തേങ്ങയ്ക്ക് വില കൂടുതലാണ് കേരളത്തിലും ധാരാളം തെങ്ങുകളുണ്ട് കേരളത്തിലും തേങ്ങയ്ക്ക് വില കൂടുതലാണ് എന്നോട് സ്നേഹമുള്ള ആളുകളെ ഞാനും സ്നേഹിക്കുന്നു ആളുകൾക്ക് എന്നോട് സ്നേഹമുണ്ട് ഞാനും അവരെ സ്നേഹിക്കുന്നു ആ മനുഷ്യൻ എപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്നു ആ മനുഷ്യൻ നല്ലവനാണ് അയാൾ എപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്നു നൗ ഫോളോ ദ മോഡൽ സുന്ദരിയായ അവളെ അവൻ കല്യാണം കഴിക്കാൻ പോകുന്നു അവൾ സുന്ദരിയാണ് അവൻ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നു പണക്കാരനായ ആ മനുഷ്യനെ നിങ്ങൾക്കറിയാമോ ആ മനുഷ്യൻ പണക്കാരനാണ് ആ മനുഷ്യന് നിങ്ങൾക്കറിയാമോ ഡോക്ടറായ ഗോപിനാഥിനും ഈ മരുന്നിനെ പറ്റി അറിയില്ല ഗോപിനാഥ് ഡോക്ടറാണ് അദ്ദേഹത്തിനും ഈ മരുന്നിനെ പറ്റി അറിയില്ല പിശുക്കിയായ അന്നമ്മ ആർക്കും ഒന്നും കൊടുക്കുന്നില്ല അന്നമ്മ പിശിക്കിയാണ് അന്നമ്മ ആർക്കും ഒന്നും കൊടുക്കുന്നില്ല ആ സിനിമയിലെ നായകനായ സോമൻ എന്റെ നാട്ടുകാരനാണ് സോമൻ ആ സിനിമയിലെ നായകനാണ് സോമൻ എന്റെ നാട്ടുകാരനാണ് മോഡൽ ഫൈവ് എനിക്ക് വേണ്ട പുസ്തകം ഒരു കടയിലും ഇല്ല എനിക്ക് പുസ്തകം വേണം ആ പുസ്തകം ഒരു കടയിലും ഇല്ല നൗ ഫോളോ ദ മോഡൽ അദ്ദേഹത്തിന് വേണ്ട പേന ഇതല്ല അദ്ദേഹത്തിന് ഒരു പേന വേണം ആ പേന ഇതല്ല അവൾക്ക് വേണ്ട കസേര നിങ്ങൾക്കും വേണോ അവൾക്ക് ഒരു കസേര വേണം ആ കസേര നിങ്ങൾക്കും വേണോ രാധയ്ക്ക് വേണ്ട പാവ അവളുടെ അനിയത്തിക്ക് വേണ്ട രാധയ്ക്ക് ഒരു പാവ വേണം ആ പാവ അവളുടെ അനിയത്തിക്ക് വേണ്ട എനിക്ക് വേണ്ട ആഹാരം ഈ ഹോട്ടലിൽ കിട്ടുന്നില്ല എനിക്ക് ആഹാരം വേണം ആ ആഹാരം ഈ ഹോട്ടലിൽ കിട്ടുന്നില്ല ഞാൻ പുസ്തകം വായിച്ചു ആ പുസ്തകം ഇപ്പോൾ ഇവിടെ ഇല്ല ഞാൻ വായിച്ച പുസ്തകം ഇപ്പോൾ ഇവിടെ ഇല്ല നൗ ഫോളോ ദ മോഡൽ രാമൻ കഥ പറഞ്ഞു ആ കഥ നിനക്കറിയാമോ രാമൻ പറഞ്ഞ കഥ നിനക്കറിയാമോ ചേച്ചി മീൻ വറക്കുന്നു അനിയത്തി അത് വിളമ്പുന്നു ചേച്ചി വറക്കുന്ന മീൻ അനിയത്തി വിളമ്പുന്നു അമ്മ പപ്പടം കാച്ചുന്നു കുഞ്ഞുമോൻ അത് തിന്നുന്നു അമ്മ കാച്ചുന്ന പപ്പടം കുഞ്ഞുമോൻ തിന്നുന്നു കുട്ടിക്ക് പേന വേണം അത് ഒരു കടയിലും ഇല്ല കുട്ടിക്ക് വേണ്ട പേന ഒരു കടയിലും ഇല്ല അദ്ദേഹം നല്ലവനാണ് അദ്ദേഹത്തിന് നിനക്കറിഞ്ഞുകൂടെ നല്ലവനായ അദ്ദേഹത്തിന് നിനക്കറിഞ്ഞുകൂടെ എനിക്ക് നടക്കാൻ പോകണം നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് നടക്കാൻ പോകേണ്ട എന്നെ നിങ്ങൾ ഉപദ്രവിക്കരുത് അയാൾ ഹോട്ടലിൽ വളരെക്കാലം താമസിച്ചു അയാൾക്കിപ്പോൾ വീട്ടിലെ ആഹാരം പിടിക്കുന്നില്ല ഹോട്ടലിൽ വളരെ കാലം താമസിച്ച അയാൾക്കിപ്പോൾ വീട്ടിലെ ആഹാരം പിടിക്കുന്നില്ല രാജമ്മ പച്ചക്കറി വിറ്റ് നടന്നു ആ രാജമ്മ മരിച്ചുപോയി പച്ചക്കറി വിറ്റു നടന്ന രാജമ്മ മരിച്ചുപോയി കുട്ടി സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ അവനൊരു രാജകുമാരനായിരുന്നു കുട്ടി കണ്ട സ്വപ്നത്തിൽ അവനൊരു രാജകുമാരനായിരുന്നു നിങ്ങൾക്ക് പരീക്ഷ എഴുതണം നിങ്ങൾ നന്നായി പഠിക്കണം പരീക്ഷ എഴുതേണ്ട നിങ്ങൾ നന്നായി പഠിക്കണം